അവരുടെ ദൂതന്മാർ അവരോട് പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ് ഞങ്ങളും എന്നാൽ അള്ളാഹുസുബഹാനുഹുവ ചായാല തന്റെ ദാസന്മാരിൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുഗ്രഹം ചൊരിയുന്നു അള്ളാഹുസുബഹാനുഹുവ ചായാലായായുടെ അനുമതിയല്ലാതെ ഒരു തെളിവുമായി നിങ്ങളുടെക്കൽ വരാൻ ഞങ്ങൾക്ക് കഴിയില്ല വിശ്വാസികൾ അള്ളാഹുവിൽ തന്നെ ഭരമേൽപ്പിക്കട്ടെ